ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ടാകും ആരുടെ മുഖങ്ങൾ കറുത്തുവോ അവരോട് ചോദിക്കപ്പെടും നിങ്ങളുടെ വിശ്വാസത്തിനു ശേഷം നിങ്ങൾ സത്യനിഷേധികളായോ അതിനാൽ നിങ്ങൾ സത്യനിഷേധം കാണിച്ചതിലൂടെ ലഭിക്കുന്ന ശിക്ഷ രുചിക്കൂ